അവർ യൂസുഫ് അലി ഹിസ്സലാമിന്റെ അടുക്കിൽ പ്രവേശിച്ചപ്പോൾ അദ്ദേഹം തന്റെ മാതാപിതാക്കളെ തൻറെ അടുത്തേക്ക് ചേർത്തു നിർത്തിക്കൊണ്ടു പറഞ്ഞു അള്ളാഹു സുബാനഹുവാല ഇച്ഛിക്കുന്നുവെങ്കിൽ നിങ്ങൾ സുരക്ഷിതരായി ഈജിപ്തിൽ പ്രവേശിക്കുവീൻ